പിശാചിൻ്റെ സ്വഭാവം തൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ പിശാജ് തനിക്കാവുന്നതെല്ലാം ചെയ്യാറുണ്ട് അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഭൂതോച്ചാടകനെയും പിശാജ് ബാധിച്ചവരെയും ഏതു വിധേനയെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമങ്ങളും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പിശാചിൻ്റെ സ്വഭാവത്തിന് നാലു ഘട്ടങ്ങളുള്ളതായി അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ബാധ കണ്ടെത്തുന്നതിന് മുമ്പ് ഭൂതോച്ചാടന സമയത്ത് വിമോചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിമോചനത്തിന് ശേഷം ഒരിക്കലും സമാനമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നുള്ള കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പിശാചിൻ്റെ സ്വഭാവം പ്രവചനാതീതമാണ് അത് പല രൂപഭാവങ്ങൾ ധരിക്കുകയും ചെയ്യും സാധാരണ കാണാറുള്ള അവൻ്റെ സ്വഭാവ രീതികളെ കുറിച്ചാണ് ഞാനിവിടെ പോകുന്നത് പിശാജ് ബാധ കണ്ടെത്തുന്നതിന് മുമ്പ് പൈശാചികബാധ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ബാധയുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ആരും യഥാർത്ഥ പ്രശ്നങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കാറില്ല പ്രസ്തുത ലക്ഷണങ്ങൾ സുഖപ്പെടുത്താൻ ഡോക്ടർമാർ ഇണഞ്ഞു പരിശ്രമിക്കുകയും പല മരുന്നുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ കാര്യമായ മാറ്റമൊന്നും രോഗിയിൽ ഉണ്ടാവുകയില്ല രോഗി ഒരു ഡോക്ടറിൽ നിന്ന് അടുത്ത ഡോക്ടറിലേക്ക് മാറുകയും അവരുടെ കഴിവുകേടിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിവ് മാനസിക ലക്ഷണങ്ങളാണ് സുഖപ്പെടാൻ ഏറ്റവും പ്രയാസം പലപ്പോഴും വിദഗ്ധരായ ഡോക്ടർമാർക്ക് യാതൊരു പ്രശ്നവും കണ്ടെത്താൻ കഴിയില്ല ഇതുതന്നെ ചിലപ്പോൾ ശാരീരിക രോഗങ്ങളുടെ കാര്യത്തിലും സംഭവിക്കാറുണ്ട് കുടുംബാംഗങ്ങൾ ബാധയുള്ള വ്യക്തികളെ എല്ലാം അവരുടെ ഭാവനയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യും ഈ രോഗികൾക്ക് വഹിക്കാനുള്ള കഠിനമായ കുരിശുകളിലൊന്നാണിത് അവരെ ആരും മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല ഔദ്യോഗിക മരുന്നുകളുടെ സഹായം തേടി നിരാശരാകുമ്പോൾ ഇവർ സൗഖ്യദായകരുടെ വാതിലിൽ മുട്ടുവാൻ തുടങ്ങും അതിലും ശോചനീയമായി അവർ മന്ത്രവാദികളുടെയും ദാർശനികരുടെയും ആഭിചാരക്കാരുടെയും അടുക്കൽ പോകും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകുകയും ചെയ്യും സാധാരണ ഹൂതോച്ചാടകന്റെ അടുത്ത് വരുന്ന വ്യക്തി എല്ലാ ഡോക്ടർമാരുടെയും തന്നെ വാതിൽ മുട്ടിയിട്ടുണ്ടാവും തീർത്തും സംശയമനസ്കരായിരിക്കും അവർ മന്ത്രവാദികളുടെയും ആവിചാരക്കാരുടെയും അടുക്കൽ പോയിട്ടുമുണ്ടാവും സഭയുടെ ഭാഗത്തു നിന്നുള്ള കരുതലില്ലായ്മ ഇത്തരം വ്യക്തികളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയും വിശ്വാസം ജീവിക്കാത്ത അവസ്ഥയും സൃഷ്ടിക്കുന്നു അതിൻ്റെ ഫലമായി ഹുതോച്ചാടകന്റെ അടുത്തെത്താൻ അവർ ഏറെ വൈകും നാം ഒരു കാര്യം മനസ്സിലാക്കണം പൂർണ്ണമായ പിശാചുബാധയുടെ കാര്യത്തിൽ പോലും അതായത് പിശാജ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും മനുഷ്യ ശരീരം ഉപയോഗിക്കുമ്പോഴും അവൻ പൊരുത്തക്കേടുകളോടുകൂടിയേ പെരുമാറാറുള്ളൂ പിശാജ് തൻ്റെ പ്രവർത്തനം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയും പ്രവചനാതീതമായ നിശബ്ദതയുടെ സമയങ്ങൾ നിലനിർത്തുകയും ചെയ്യാറുണ്ട് അതിനാൽ ചിലരുടെ കാര്യത്തിലൊഴികെ ബാധയുള്ള വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകാനും ജോലി ചെയ്യാനും സ്കൂളിൽ പോകാനുമൊക്കെ സാധിച്ചെന്നു വരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കനുഭവപ്പെടുന്ന കഠിനമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർക്കു മാത്രമേ തിരിച്ചറിവുണ്ടാവുകയുള്ളൂ രണ്ട് ഭൂതോച്ചാടന സമയത്ത് തുടക്കത്തിൽ പിശാജ് തന്നാലാവും വിധം കണ്ടുപിടിക്കപ്പെടാതിരിക്കാനും ബാധയുടെ ഗൗരവം ഒളിച്ചു വയ്ക്കാനും ശ്രമിക്കും ഇക്കാര്യത്തിൽ പലപ്പോഴും അവൻ വിജയിക്കാറില്ല ചിലപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ തന്നെ ഭൂതോച്ചാടനത്തിൻ്റെ ശക്തിയാൽ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ അവൻ നിർബന്ധിക്കപ്പെട്ടേക്കും മറ്റ് ചിലപ്പോൾ അവനെ പുറത്തു കൊണ്ടുവരുന്നതിന് കൂടുതൽ പ്രാർത്ഥനകൾ നടത്തേണ്ടതായി വരും ഒരു യുവാവിനെ ഞാൻ ഓർമ്മിക്കുന്നു ആദ്യത്തെ ആശീർവാദം നൽകിയപ്പോൾ ചെറിയൊരു നിഷേധാത്മക പ്രതികരണമാണ് അവൻ്റെ ഭാഗത്തു ഞാൻ വിചാരിച്ചു ഇത് വലിയ ഗൗരവമുള്ളതല്ല ഈ ആശീർവാദവും കുറച്ച് പ്രാർത്ഥനകളും കൂടി കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവൻ അക്രമാസക്തനായി ശേഷം നല്ല ആരോഗ്യമുള്ള നാലുപേർ ചേർന്ന് അവനെ പിടിക്കുന്നതുവരെ എനിക്ക് ഭൂതോച്ചാരണ പ്രാർത്ഥനകൾ തുടരാൻ പോലുമായില്ല മറ്റു ചില അവസരങ്ങളിൽ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കണം എന്നെയും മറ്റു പല ഭൂതാച്ചടകരെയും കണ്ടിട്ടും പിശാജുപാദയുടെ യാതൊരു ലക്ഷണവും പുറത്തു ഒരാളെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി ഓർക്കുന്നു അവസാനം ഏതോ ഒരു സമയത്ത് പിശാജ് തന്നെ വെളിപ്പെടുത്താൻ നിർബന്ധിതനായി അതിനുശേഷം ഫലപ്രദമായി ഭൂതോച്ചാടനം നടത്താൻ സാധിച്ചു ചില സമയങ്ങളിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആശീർവാദം കൊടുക്കുമ്പോൾ പിശാജ് തൻ്റെ സർവ്വശക്തിയും പുറത്തെടുക്കാറുണ്ട് പിശാജ് തൻ്റെ സർവ്വശക്തിയും പുറത്തെടുക്കാറുണ്ട് ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ വെളിപ്പെടുത്തൽ ക്രമേണയായിരിക്കും ചില പിശാജുബാധിതർ ഭൂതോച്ചാടനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ രോഗലക്ഷണങ്ങൾ കാട്ടും ഈ സമയത്ത് ഓരോ ശാരീരിക ലക്ഷണവും വ്യത്യസ്തമായെടുത്ത് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് തോന്നത്തക്ക മാറ്റമുള്ളതായിരിക്കും അത് പ്രാർത്ഥനയോടും ജപങ്ങളോടും പിശാജ് പല രീതിയിലാണ് പ്രതികരിക്കാറുള്ളത് മിക്കപ്പോഴും തനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന മട്ടിലാവും അവൻ പ്രതികരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ വിമോചനം നടക്കുന്നതുവരെ പിശാജ് അതി കഠിനമായി വേദനിക്കുകയും ആ വേദന കൂടി വരികയും ചെയ്യുകയാണ് പതിവ് ചില പിശാചുബാധിതർ യാതൊരു അനക്കവുമില്ലാതെ നിശബ്ദരായിരിക്കും അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ കണ്ണുകളിൽ മാത്രം ചെറിയൊരു മാറ്റം കണ്ടേക്കാം മറ്റു ചിലർ അക്രമാസക്തരാകും ആരെങ്കിലും അവരെ പിടിച്ചു നിർത്തുന്നില്ലെങ്കിൽ സ്വയം മുറിപ്പെടുത്തും മറ്റു ചിലർ വലിയ ഉച്ചത്തിൽ നിലവിളിക്കും പൂതോച്ചാടനത്തിനുള്ള കർമ്മത്തിൽ പറയുന്നത് പോലെ അവരുടെ ശരീരത്തിൽ വൈദികൻ്റെ ഊറാല സ്പർശിക്കുന്ന സമയങ്ങളിലോ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലും വിശുദ്ധജലത്താലും ആശീർവദിക്കുന്ന സമയത്തോ ആണ് ഇത് പലപ്പോഴും സംഭവിക്കുക ഇനിയും ചിലർ വളരെ ആക്രമണ സ്വഭാവം കാണിക്കും ഈ സമയത്ത് അവരുടെ ബന്ധുക്കളോ ഭൂതോച്ചാടകനെ സഹായിക്കുന്നവരോ ബലം പ്രയോഗിച്ച് സ്വസ്ഥരായിരുത്തേണ്ടി വരും പിശാചുക്കൾ സംസാരിക്കാൻ വിമുഖരാണ് ഭൂതോച്ചാടന കർമ്മത്തിൽ ഉച്ചാടകൻ ആവശ്യമില്ലാത്തതും ആകാംക്ഷ കൊണ്ടുള്ളതുമായ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അത് ശരിയാണ് താനും എന്നാൽ വിമോചനത്തിന് സഹായകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല ആദ്യം ചോദിക്കേണ്ട കാര്യം പേരാണ് സ്വയം വെളിപ്പെടുത്തുന്നതിൽ വിമുഖനായ പിശാചിന് സ്വന്തം അസ്തിത്വം വെളിപ്പെടുത്തുന്നത് ഒരു പരാജയം തന്നെയാണ് ഒരിക്കൽ പേര് വെളിപ്പെടുത്തിയാലും പിന്നീടുള്ള ഭൂതാചാരണ പ്രാർത്ഥനകൾക്കിടയിൽ അത് ആവർത്തിക്കാൻ അവൻ മടികാണിക്കാറുണ്ട് പിന്നീട് ഒരു ശരീരത്തിൽ എത്ര പിശാചികളുണ്ടെന്ന് പറയാൻ ആജ്ഞാപിക്കുന്നു ചിലപ്പോൾ അനേകരുണ്ടാകാം മറ്റു ചിലപ്പോൾ കുറച്ചുപേർ പക്ഷേ ഏതായാലും ഒരു നേതാവ് അവന്റെ പേരാകും ആദ്യം പറയുക വിശുദ്ധ ഗ്രന്ഥത്തിലോ പാരമ്പര്യത്തിലോ നൽകപ്പെട്ടിരിക്കുന്ന പേരുകളിലൊന്നാണ് പിശാചിനുള്ളതെങ്കിൽ ഉദാഹരണത്തിന് സാത്താൻ ബെൽസെബുൽ ലൂസിഫർ സെബുലൂൺ മെരുദിയൻ അസ്മോദേവൂസ് നാം വളരെ ശക്തന്മാരെയാണ് നേരിടുന്നതെന്നും അവർ കീഴടങ്ങാൻ വിഷമമാണെന്നും മനസ്സിലാക്കണം ഈ ബുദ്ധിമുട്ട് ഒരു വ്യക്തിയിലെ പിശാചുപാതയുടെ ആഴം കൂടിയും അനുഭവപ്പെടുക അനേകം പിശാചുക്കളുള്ളപ്പോൾ ഏറ്റവും അവസാനം വിട്ടുപോകുന്നത് അവരുടെ തലവനായിരിക്കും പിശാചുപാതയുടെ ശക്തിയും കാഠിന്യവും വിശുദ്ധ നാമങ്ങളോടുള്ള അവൻ്റെ പ്രതികരണത്തിലൂടെയും പുറത്തുവരും പൊതുവെ തിന്മയുടെ ശക്തി അത്തരം പേരുകൾ ഉച്ചരിക്കാൻ വിമുഖത കാണിക്കും പകരം അവൻ ദൈവം യേശു എന്നിവയുടെ സ്ഥാനത്ത് അവൾ പരിശുദ്ധ കന്യാമറിയത്തെ സൂചിപ്പിക്കാൻ എന്നിങ്ങനെയായിരിക്കും ഉപയോഗിക്കുക മറ്റു ചിലപ്പോൾ നിന്റെ യജമാനൻ നിന്റെ അമ്മ എന്നൊക്കെ ഈശോയെയും മാതാവിനെയും പറ്റി പറയും പിശാജുബാധ അതിശക്തവും അവൻ ഉന്നത ശ്രേണിയിൽപ്പെട്ടവനും ആണെങ്കിൽ ദൈവത്തിൻ്റെയോ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയോ പേരുചരിക്കാൻ അവർക്ക് സാധിക്കും അതിനെ തുടർന്ന് അതിഭീകരമായ ദൈവദൂഷണങ്ങളും അവർ നടത്തും പിശാചുക്കൾ ഏറെ സംസാരിക്കുന്നവരാണെന്നും ഭൂതോച്ചാടന സമയത്ത് അവിടെ നിന്നാൽ പിശാജ് എല്ലാവരും കേൾക്കെ തങ്ങളുടെ പാപങ്ങൾ വിളിച്ചു ചിലർ വിശ്വസിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇതൊരു തെറ്റായ വിശ്വാസമാണ് പിശാചുകൾ സംസാരിക്കാൻ മടിയുള്ളവരാണ് ഇനി സംസാരിച്ചാൽ തന്നെ ഭൂതോച്ചാടകന്റെ ശ്രദ്ധ തിരിക്കുന്നതിനും ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമുള്ള കാര്യമില്ലാത്ത കാര്യങ്ങളാവും അവൻ സംസാരിക്കുക ചില വ്യത്യസ്തമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഫാദർ കാണ്ടിഡോ ഇത്തരം കാര്യങ്ങളിൽ വളരെ സംശയാലുവായ ഒരു വൈദികനെ ഭൂതോച്ചാടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണിച്ചു ഈ വൈദികൻ ക്ഷണം സ്വീകരിച്ചെങ്കിലും ഭൂതോച്ചാടന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു പ്രാർത്ഥിക്കാതെ കയ്യും കെട്ടി അല്പം അവജ്ഞ നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിന്നു സാധാരണ എല്ലാവരും വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക ഒരവസരത്തിൽ പിശാജ് ഈ വൈദികനു നേരെ തിരിഞ്ഞു എനിക്ക് അസ്തിത്വമില്ലെന്ന് നീ പറയുന്നു അല്ലേ പക്ഷേ നീ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ ഞാനല്ലേ കൊണ്ടുപോകുന്നത് അതെങ്ങനെയാ അതെങ്ങനെയാ പാവം വൈദികൻ നിശബ്ദനായി പിന്നോട്ട് നടന്ന് വാതിൽക്കൽ എത്തിയ ശേഷം ആരും കാണാതെ സ്ഥലം വിട്ടു മറ്റൊരു സമയത്ത് പിശാജ് പാപങ്ങൾ വെളിപ്പെടുത്തി പൂതോച്ചടകനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പിശാജിന്റെ ഒരു കൂട്ടം തന്നെ ആവശിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ വിമോചിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫാദർ കാൻഡിഡോ പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാജ് പറഞ്ഞു നീ വെറുതെ സമയം വാഴാക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൂ ഇവൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല അതിലെയും ഇതിലെയും നടന്ന് അതും ഇതും ചെയ്യുകയാണ് അവൻ്റെ പതിവ് പിന്നെ വളരെ വൃത്തികെട്ട കുറേ പാപങ്ങളുടെ നിരയും പിശാചി എടുത്തു പറഞ്ഞു ഭൂതോച്ചാടനം കഴിഞ്ഞ് ഫാദർ കാൻഡിഡോ ഈ യുവാവിനോട് നല്ലൊരു കുമ്പസാരം നടത്തണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ അവൻ തയ്യാറായില്ല അവസാനം വളരെ നിർബന്ധിച്ച് അവനെ കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴും തനിക്കൊരു പാവവുമില്ലെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഫാദർ കാൻഡിഡോ ചോദിച്ചു ഇക്കാര്യങ്ങൾ നീ ചെയ്തതല്ലേ കള്ളി വെളിച്ചത്തായ അവൻ സ്തബ്ധനായിപ്പോയി തൻ്റെ തെറ്റുകൾ സമ്മതിച്ചു കുംഭസാരകൻ ഓരോ പാപങ്ങളും പറഞ്ഞപ്പോൾ പിശാജ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് ആ യുവാവ് സമ്മതിച്ചു പാപമോചനം സ്വീകരിച്ച ശേഷം ഇപ്രകാരം പ്രവൃത്തി കൊണ്ടാണ് ആ യുവാവ് കുമ്പസാരക്കോട് വിട്ടത് എനിക്കൊന്നും അറിയില്ല ഈ വൈദികർക്ക് സകല കാര്യങ്ങളും അറിയാം ഉതോച്ചാടന കർമ്മത്തിൽ എത്ര ബാധയുണ്ടായിരുന്നു ലക്ഷ്യമെന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് മന്ത്രവാദത്തിൻ്റെ ബന്ധനത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഏതു തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ഞാൻ പിന്നീട് പറയാം നുണയന്മാരുടെ രാജാവാണ് പിശാജ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം അവൻ വെറുതെ ആരില്ലെങ്കിലും കുറ്റം ആരോപിക്കുകയും സംശയവും ശത്രുതയും ഉണ്ടാക്കുകയും ചെയ്യും അവൻ്റെ ഉത്തരങ്ങളെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം പൊതുവെ എനിക്ക് പറയാനുള്ളത് വിശാജിനെ ചോദ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല എന്ന് തന്നെയാണ് ഉദാഹരണത്തിന് തൻ്റെ ശക്തി ചോർന്നു എന്ന് തോന്നുമ്പോൾ ഇന്ന ദിവസം ഒഴിഞ്ഞുപോയിക്കൊള്ളാമെന്ന് അവൻ പറയുന്നു എന്നിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു ശ്രമിക്കും ഫാദർ കാണ്ടിഡോയെപ്പോലെ പരിചയസമ്പത്തുള്ള പൂതൊച്ചാടകന് വിശാജ് ഏതു തരക്കാരനാണെന്നും അവൻ്റെ പേരെന്തെന്നും ഗ്രഹിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ല ചിലപ്പോൾ ഫാദർ കാൻഡിഡോ പേര് ചോദിക്കുമ്പോൾ വിശാജിന്റെ ഭാഗത്തു നിന്ന് നിനക്കറിയാമല്ലോ പിന്നെന്താ എന്നൊരു മറുചോദ്യവും ഉണ്ടാവുക അത് സാധ്യമാണ് താനും വളരെ ശക്തമായ ബാധയുണ്ടെങ്കിൽ വിശാജ് സ്വതന്ത്രമായി സംസാരിച്ച് ഭൂതോച്ചാടകനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും പലപ്പോഴും പിശാജ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതെന്റെ വീടാണ് ഞാനിവിടെ സന്തോഷവാനാണ് ഞാനിവിടെ തന്നെ ഉണ്ടാകും നീ വെറുതെ സമയം പാഴാക്കുകയാണ് മറ്റു ചിലപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തും ഞാൻ നിന്റെ ഹൃദയം തിന്നും ഇന്നു രാത്രിയിൽ ഒരുപോള കണ്ണടയ്ക്കാനാകാത്ത വിധം ഞാൻ നിന്നെ ഭയപ്പെടുത്തും ഒരു പാമ്പിനെ പോലെ ഞാൻ ഇന്ന് നിന്റെ കിടക്കയിൽ വരും ഞാൻ നിന്നെ കിടക്കയിൽ നിന്ന് വലിച്ചെറിയും എന്നാൽ ഞാൻ നൽകുന്ന ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ അവൻ നിശബ്ദനാകാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയും ഞാൻ പരിശുദ്ധി അമ്മയുടെ തിരുക്കച്ചെയാൽ പുതിയപ്പെടും നിനക്കെന്നോട് എന്തു ചെയ്യാൻ കഴിയും മുഖ്യദൂതനായ വിശ്വമിഘായലാണ് എന്നെ കാക്കുന്നത് യുദ്ധം ചെയ്തു കൊള്ളുക എന്റെ കാവൽമാലാഘ എന്നെ ഇമപെട്ടാതെ നോക്കിയിരിക്കുന്നു നിനക്കെന്നെ ഉപദ്രവിക്കാനാവില്ല അപ്പോൾ പിശാജ് നിശബ്ദനാകും പുതു മിക്കപ്പോഴും പിശാചിൻ്റെ ബലഹീനമായ വശം എളുപ്പം കണ്ടെത്താനാകും ശരീരത്തിൽ ഊറാല സ്പർശിച്ച് വൈദികൻ കുരിശടയാളം വരയ്ക്കുന്നത് ചില പിശാചുക്കൾക്ക് താങ്ങാനാവില്ല മറ്റു ചിലർ മുഖത്തേക്കുള്ള നിശ്വാസം സഹിക്കില്ല ഇനിയും ചില പിശാചുക്കൾ സർവ്വശക്തിയോടും കൂടെ വിശുദ്ധജലം തളിച്ച് ആശീർവദിക്കുന്നതിനെ പ്രതിരോധിക്കും ഊതോച്ചാടന കർമ്മത്തിലെ ചില പ്രാർത്ഥനകളോട് പിശാജ് അക്രമാസക്തമായി പ്രതിഷേധിക്കുകയും ആ സമയത്ത് അവരുടെ ശക്തി നഷ്ടപ്പെടുന്നതായി മനസ്സിലാവുകയും ചെയ്യും കർമ്മം അനുശാസിക്കുന്നതുപോലെ ഈ സമയത്ത് ഭൂതോച്ചാടകൻ ആ വാക്യങ്ങൾ ആവർത്തിക്കണം വൈദികൻ്റെ വിവേചനമനുസരിച്ചാണ് ഓരോ ഘട്ടത്തിൻ്റെ ദൈർഘ്യം ആദ്യത്തെ പരിശോധനയ്ക്കും ഭൂതോച്ചാടനത്തിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നതിനുമായി ഒരു ഡോക്ടറുടെ സഹായം ഉണ്ടായിരിക്കുന്നതും അഭികാമ്യമാണ് പിശാചുബാധിതനോ ഭൂതോച്ചാടകനോ ശാരീരിക വിഷമം താങ്ങാനാവാതെ വരുമ്പോൾ ഡോക്ടറാണ് തീരുമാനമെടുക്കേണ്ടത് ഭൂതോച്ചാടകനും സാഹചര്യങ്ങളിൽ തുടരുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന സമയങ്ങളുണ്ടാകും മൂന്ന് പിശാജ് പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പ് വളരെ സമയമെടുക്കാൻ സാധ്യതയുള്ള സൂക്ഷ്മവും പ്രയാസം ഘട്ടമാണിത് ചിലപ്പോൾ പിശാജ് തൻ്റെ ശക്തി ചോർന്നു പോയതായി മനസ്സിലാക്കിത്തരും മറ്റു ചിലപ്പോൾ അവൻ അതിശക്തമായി അവസാന ആക്രമണങ്ങൾ പുറത്തെടുക്കും സാധാരണ രോഗങ്ങളുടെ കാര്യത്തിൽ നന്നായി വരുന്നതും കാണുന്നു പിശാജുബാധയുടെ കാര്യത്തിൽ മറിച്ചാണ് പൊതുവേ സംഭവിക്കുക വ്യക്തിയുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും താങ്ങാനാവില്ല എന്നും തോന്നുന്ന സമയത്ത് സുഖപ്പെടുകയും ചെയ്യുന്നു ഒരു പിശാജ് ശരീരത്തിൽ നിന്ന് പുറത്തുപോയി വിധിക്കപ്പെട്ടിരിക്കുന്ന നരകത്തിൽ പതിക്കുന്നതിലൂടെ നിത്യമായി മരിക്കുക എന്നും മനുഷ്യരെ ശല്യപ്പെടുത്താനുള്ള കഴിവ് നഷ്ടപ്പെടുക എന്നുമാണ് അർത്ഥം ഈ നിരാശ അവൻ ഭൂതോച്ചാടന സമയത്ത് പ്രസ്തുത വാക്കുകളിലൂടെ പ്രകടമാക്കാറുണ്ട് ഞാൻ മരിക്കുന്നു ഞാൻ മരിക്കുന്നു എനിക്കിത് താങ്ങാനാവുന്നില്ല മതി നീ എന്നെ കൊല്ലുകയാണ് നിങ്ങൾ കൊലപാതകകളാണ് ആരാച്ചാരന്മാർ എല്ലാ വൈദികരും കൊലപാതകകളാണ് സമാനമായ മറ്റു വാക്കുകളും അവൻ ഉപയോഗിക്കും ഭൂതോചാടനത്തിൻ്റെ ആരംഭത്തിൽ നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയുന്ന അവൻ ഇപ്പോൾ പറയും നീ എന്നെ കൊല്ലുന്നു നീ ജയിച്ചിരിക്കുന്നു ആദ്യം താൻ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് അവൻ പറയുന്നതിൻ്റെ കാരണം ആ ശരീരത്തിൽ അവൻ വളരെ സുരക്ഷിതനാണ് എന്നുള്ളതിനാലാണ് ഇപ്പോൾ താൻ അസ്വസ്ഥനാണെന്നും പുറത്തു പോവുകയാണെന്നും പറയുന്നു ഓരോ ഭൂതവടനവും ഗതയുപയോഗിച്ച് പിശാദിനെ മർദ്ദിക്കുന്നതുപോലെയാണെന്നുള്ളത് വാസ്തവമാണ് അവൻ അതി വേദനിക്കുകയും അതേസമയം തന്നെ ബാധയുള്ള വ്യക്തിയെ ദ്രോഹിക്കുകയും ബലഹീനനാക്കുകയും ചെയ്യുന്നു ഭൂതോച്ചാരണ സമയത്തേക്കാൾ നരകത്തിലാണ് തനിക്ക് കഴിയാനാവുന്നത് എന്നുപോലും അവൻ സമ്മതിക്കും ഒരു പ്രാവശ്യം ഫാദർ കാൻഡിഡോ ഒരു വ്യക്തിയെ ഭൂതോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിമോചനത്തിൻ്റെ സമയമെടുത്തപ്പോൾ വിശാജ് തുറന്നു പറഞ്ഞു നരകത്തിലെ വേദനയെക്കാൾ കഠോരമല്ലായിരുന്നു ഇതെങ്കിൽ ഞാൻ വിട്ടുപോകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പൂതോച്ചാരണം വിശാജിന് താങ്ങാവുന്നതിലും അധികമാണെന്നതിൻ്റെ അടയാളമാണിത് വിമോചനത്തിൻ്റെ അടുത്ത് തീരിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നതിനായി ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിശാജ് തൻ്റെ വികാരങ്ങൾ ബാധയുള്ള വ്യക്തിയോട് പങ്കുവെക്കാൻ ശ്രമിക്കും പിശാചിന് ഇതൊരിക്കലും താങ്ങാനാവില്ല ഈ ശോചനീയ അവസ്ഥ തൻ്റെ ഇരയോട് അവൻ വ്യക്തമാക്കും ജീവിതം അവസാനിക്കുന്ന സമയമാണ് യുക്തിഭദ്രമായി ചിന്തിക്കാനാവില്ല ഒരു ഭ്രാന്തമായ അവസ്ഥയും മരണകരമായ സാഹചര്യവും ബാധയുള്ള വ്യക്തിയിലേക്ക് അവൻ പകരും എത്രയോ പ്രാവശ്യം ഈ വ്യക്തികൾ എന്നോട് യാചിച്ചിട്ടുണ്ട് ഞാനൊരു ഭ്രാന്തനാണോ എന്നോട് സത്യം പറയുക ബാധയുള്ള വ്യക്തികൾക്കും ബോതോച്ചാടനം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരെങ്കിലും നിർബന്ധിക്കുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് അവർ തയ്യാറാവുകയുമില്ല ചിലപ്പോൾ വിമോചനത്തിനടുത്തെത്തുമ്പോൾ അവർ പിന്നെ ബോതോച്ചാടകൻ്റെ അടുക്കൽ വരാൻ വിസമ്മതിക്കും ഇത്തരം രോഗികൾ ദേവാലയത്തിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആരെങ്കിലുമൊക്കെ സഹായിക്കേണ്ടതുണ്ട് കാരണം സ്വയം അവ ചെയ്യുക അവർക്ക് പ്രയാസമുള്ള കാര്യമാണ് ഭൂതോച്ചാടനത്തിലും അവർക്ക് സഹായം വേണം സ്ഥിരമായി അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് അവസാന സമയങ്ങളിൽ വിമോചനത്തിനെടുക്കുന്ന ദൈർഘ്യം നിരുത്സാഹപ്പെടുത്തലിനും ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകും തങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുന്നവയല്ലെന്ന് ബാധയുള്ളവർക്ക് തോന്നുന്നു ചിലപ്പോൾ യഥാർത്ഥ ശാരീരിക രോഗങ്ങൾ മുഖ്യമായും മാനസികമായവ രോഗിയിൽ ജനിപ്പിക്കുന്നതിനും പിശാചിന് സാധിക്കും ഇവ വിമോചനത്തിനു ശേഷം മരുന്നുകളിലൂടെ ചികിത്സിക്കപ്പെടേണ്ടതുണ്ട് മറ്റു ചിലപ്പോൾ സൗഖ്യം പൂർണ്ണമായിരിക്കും മറ്റൊന്നും ആവശ്യമുണ്ടാവുകയില്ല നാല് വിമോചനത്തിനു ശേഷം പ്രാർത്ഥന കുറയ്ക്കാതിരിക്കുന്നതും കൂതാശകൾ സ്വീകരിക്കുന്നതും ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഭൂതോച്ചാടനത്തിന് വിധേയരാകുന്നതും ഉചിതമായിരിക്കും കാരണം പിശാജ് തൻ്റെ ആക്രമണം ആവർത്തിക്കുന്നതും തിരിച്ചുവരാൻ ശ്രമിക്കുന്നതും സാധാരണമാണ് അവന് യാതൊരു അവസരവും നൽകാതിരിക്കുന്നതാണ് അഭികാമ്യം വിജയകരമായ വിമോചനത്തെ കാത്തുസൂക്ഷിക്കുന്നതിനുള്ള ശക്തി സംഭരിക്കുന്ന കാലമായി ഇതിനെ നമുക്ക് പരിഗണിക്കാം ചുരുക്കമായി എന്റെ രോഗികൾ വിശാജുപാതയുടെ ലക്ഷണങ്ങൾ വീണ്ടും കാണിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതെ വളരെ തീക്ഷ്ണമായി മുന്നോട്ടു പോയവരിൽ രണ്ടാമത്തെ വിമോചനം വളരെ എളുപ്പമായിരുന്നു പ്രാർത്ഥനയില്ലായ്മയും ഗൗരവമായ പാപാവസ്ഥയിലുള്ള ജീവിതവുമാണ് രണ്ടാമതും വിശാചുബാധയുണ്ടാകുന്നതിനുള്ള കാരണമെങ്കിൽ ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായിരിക്കും അത് മത്തായി പന്ത്രണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തഞ്ചിൽ കാണുന്നതുപോലെ തന്നേക്കാൾ ശക്തരായ ഏഴുപേരെയും കൂട്ടിയായിരിക്കും പിശാചിൻ്റെ വരവ് സ്വന്തം സാന്നിധ്യം മറച്ചുവെക്കാൻ പിശാജ് ആവുന്നതും ശ്രമിക്കുമെന്ന് കേൾക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് പിശാജു വേർതിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളിലൊന്നാണിത് മാനസിക പ്രശ്നമാണെങ്കിൽ ബാധയുണ്ടെന്ന് കരുതുന്ന വ്യക്തി മറ്റുള്ളവരുടെ ശ്രദ്ധയകർഷിക്കാൻ ആവുന്നത് ശ്രമിക്കും ഇതിനു വിരുദ്ധമായി പിശാജ് എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയാണ് പ്രവർത്തിക്കുക നമ്മളിപ്പോൾ ശ്രവിച്ചത് സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച ഫാദർ ഗബ്രിയേൽ അമോർത്ത് എഴുതിയ ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ്